മുലിഫ് പറയുന്നു പെരിയക്ക തസൂഫിനെ ഇന്നത്തെ ജനങ്ങളാക്കി ഇങ്ങനെ ഈ മകരമല്ലിൽ ഹനിയും പണക്കാരന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാക്കി പിരിയോ അവിടെ രോഗം നിർത്താനുണ്ട് എടിയുണ്ട് ഇത്ര സംഭാവന അറിയണം കൊടുക്കണം ഇന്നിന്ന് ചേഹം വാളം എന്നിട്ട് പണം പിരിക്കാൻ പോകാം അപ്പൊ പണക്കാലത്ത് ഉണ്ടാക്കി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പരിപാടിയായി പോയി എന്നിട്ടോ വലിൽ ഫക്കേരി ഫക്കീറായോ മെഹബത്തൻ കൊള്ളയടിക്കാനും മേനമ്മൻ കുറെ കോപ്പ് കൂട്ടാനുള്ള പരിപാടിയായി മാറി പണമുള്ള സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത കുറെ പൈസ പല കേറോപ്പിൽ പൈസ കിട്ടാനല്ല ഒരു മാർഗമായി മാറി പണക്കാർ വല്ല ചാക്കി കുടിക്കും എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ടല്ലേ മധുരല്ല മതി കുറെ പണക്കാർ തന്നെ മുടിച്ചിട്ട് അവസാനം കടങ്കേറിയും കൂടിയ നമ്മളിലുണ്ട് നമ്മൾ അവരെ അലക്കത്തെ ഒരേ രോഗിക്കുമ്പോൾ വന്നിട്ടു ലംതും നീയത്വം സാധിക്കത്തും തീ തലമി മൗരാഹും ബബ്ബു സുമരാൻ എഴുപത്താരെ തേടുന്ന വിഷയത്തിൽ ഒരു സ്വാധീകാരനീയത്ത് അവർക്കില്ലാണ്ട് വന്നപ്പോ സയ്യറോ തരീക്കവും അവരുടെ തരീക്കിനെ അവർ ആക്കിയത് മകറമാൻ സാമ്പത്തിക ബാധ്യതയാക്കി മകറം കടബാധ്യത സാമ്പത്തിക ആരിക്കും ഇന്നും ആ കൂട്ടത്തിൽപ്പെട്ട കനീയ ആളുണ്ടോ അവർക്ക് യഹനിമൂലവും അവർക്ക് താങ്ങേണ്ടി വരുന്നുണ്ട് പൈസ കൊടുക്കട്ടെ ഇനി പറഞ്ഞാൽ പൈസ മൂലവും ടാ യുസിഫൂന എന്ന് പറയുമ്പോൾ എന്തെന്നെ വാർത്തിപ്പിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടാലും ശരി നമുക്കറിയാം വെറുത്താൽ ശരിയാണ് മനസ്സില്ല മനസ്സോടെ ഇരിക്കും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും യഥസഭൂല ലഘോപി അതിനാശൈൻ ഈ ഖനിയായ ആളുണ്ടല്ലോ അവരുടെ ഇവടെന്തും കാരണം പറഞ്ഞിട്ട് ഇവരെന്താ ചെറിയൊരു സംഗതിയും പറഞ്ഞിട്ടേക്കും പരിക ആടാ ഒരു മലയാളി വരുന്നുണ്ട് പിന്നെ ഒരു യോഗം നടത്താനുണ്ട് ജനങ്ങൾക്ക് എല്ലാം ആ കാര്യം കൊടുക്കണം കുറുഹാൻ ആദ്യ അവസരം പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാ കെമ്പോട്ട് ശബ്ദം പറഞ്ഞിട്ട് കൊണ്ടാകും നിങ്ങൾ എന്താ കൊടുക്കുന്നത് അഞ്ഞൂറ് കൊടുക്കും ആയിരം കൊടുക്കും അന്നേരം പണക്കാരക്കാന്ന് പൈസയ്ക്ക് മാറും കുറുഹാൻ ചിലപ്പോർക്ക് മനസ്സിൽ നിർത്തിട്ടേക്ക് കൊടുക്കുന്നു നല്ല മനസംതൃപ്തിയോടുകൂടിയും ഔതാര്യമായി കൊടുക്കാത്ത സംഗതി ഇവിടെ ആള് ചോദിക്കുമ്പോ എന്താ അത് കൊടുക്കേണ്ടി വരും ഇതിനോട് ആളെല്ലാം വന്നിട്ടു എങ്ങനെ മടക്കുക എന്നിട്ട് ഇതിന് അവൾ ആ കിരീൽ ഫക്കീരും ഇന്നും ആ കൂട്ടത്തിൽപ്പെട്ട ഫക്കീരുന്നാക്കി നഹുമ്പത്തമ്മ മകനമ്മ നഹുബത്തു പറഞ്ഞാൽ എൻ ടൈം ഫക്കീറും ഹനീന്റെ വക്കൽ നിന്ന് ഫക്കീർ പൈസ തട്ടിയെടുക്കുന്നു നഹുബത്തു പറഞ്ഞ കൊള്ളേരിയില്ല ും അവരുടെ പക്കന്ന് പിടിക്കുന്നത് നല്ല ഹനീമത്തായി സൂക്ഷിക്കുന്നുണ്ടാവും വലേസ കസ്തുഹു ശയെന്നാഹറബാറൊക്കെ എടുത്തു ഇവിടെ നടക്കുന്നില്ല അതെന്താ മനുഷ്യന്റെ മനക്കരുത്തിന്റെ താഴ്മയുടെ അങ്ങേ അറ്റം മാണത് മനക്കരുത്ത് മഹാത്താണത് ഇപ്പോഴും சரீரமே எபெட்டி மப்பரியதுல நான் இல்ல கொஞ்சங்கட்டே மொபெட்ட வார்ல இந்த பெரியால வாக்க நீ जाती கோட்டம்பரல எண்ட கொண்டு வந்து அது சறங்கி இருக்கு நினைத்து நான் தெரியுது அதே மதோ பைட்டு குடுத்துக்கூ இல்லும் ஸும்மா قال வஸ்தாலஹூ மஸ்தால கோலதைஹா வஸார மா كانாலஹா அலைஹா வஸ்ததஹூ அவர் சுயம் பொனிஹ்தாவரியான் സ്ഥലത്തിൽ എന്തെല്ലാം വണ്ടാത്ത കാര്യം ചെയ്തിട്ട് സ്വയം ഭക്ഷണാവുക അതിന്റെ മുമ്പിൽ ഇവരെല്ലാം കൂടെ ഒരു ഒത്തുകടി ഇല്ല എന്ന് പറഞ്ഞാലേ നമ്മുടെല്ലോ തെറ്റേണ്ടാവും അത് നീ എതിർക്കണ്ട നിന്റെ തെറ്റി ഞാൻ എതിർക്കൂല നമുക്ക് എന്താണെന്ന് അസുനാപ്നങ്ങൾ അങ്ങോട്ട് നീങ്ങാന്ന് ആ ഒരു കഥ പറയുന്നുണ്ട് അപ്പൊ തരീക്കത്തിന്റെ അനുകൂലമായ കാര്യത്തിൽ ഇപ്പം എന്തായി മാറിയാലേ അതിന് പ്രതികൂലമായി വന്നിരിക്കുകയാണ് അനുകൂലമായ രാജ്യം പ്രതികൂലമായി വന്നു പണം ഉള്ളി സഹായിക്കാൻ ചെയ്യുന്നതാണ് ഇനി സഹായിച്ചാൻ ടൈമ് അപ്പുൾ തുലമെ തുലീക്ക തരീക്കത്തിൽ നിന്ന് അവർക്ക് തഹക്കായിട്ടില്ല ഇല്ല ഇന്ന ആയുടെ വാർത്തി എന്ന് പറഞ്ഞ ഇസ്ബ എന്നതിൽ കവിഞ്ഞു പോകുന്നില്ല ഓനാരോ ചാടി ഓനാടാനോ കാടി ഓനാടനോ കൂതിരി ഇങ്ങനെ തനത്തിന്റെ പേര് പറയാമെന്നല്ലാണ്ട് അതിനു പറ്റുന്ന അമലും ഇല്ല സ്വഹബത്തുമില്ല അങ്ങനെ വന്നപ്പോൾ അതിന്റെ ജവാബ് വരുണ്ടേ എല്ലാം തത്വത്തി തരീക്കത്തിന്റെ ഫലങ്ങളൊന്നും ഓർക്ക് പ്രകടമായില്ല അവർ എന്താ ഈ കാരണം തലീക്കത്തിന്റെ ഹരി ആറ് പണ്ടതുവായിരുന്നിട്ട് പല പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടിയിരുന്നു ഇന്ന് പോലത്തെ ആയിരം ദുരന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഉത്തരം കിട്ടുന്നില്ല അപ്പൊ ഹോമിയാറുക്കോ പണ്ടുവരൊക്കെ പുറം ഉള്ളേക്കുള്ള പടം കിട്ടിയത് പിന്നേ ധനം പറഞ്ഞപ്പോ എന്തായി ഉത്തരം കിട്ടണ്ട ഉത്തരം കിട്ടണ്ടത്താവുന്നേ അതാ മനിമാ ലൈസീദി അത് എനിക്ക് മേൽ പറഞ്ഞൊരു വാക്കാന്ന് അത് ബൈതല്ല മരിദ്രാഭിമാനീ അവനവന് ഇല്ലാത്തൊരു കാര്യം വന്നാൽ എന്താകും അവന അപമിഹത്താക്കുംഹാൻ പരീക്ഷ നടത്തുന്ന ഷാഹിദുണ്ടല്ലോ എന്നാ ഒന്ന് കാട്ടിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് പ്രകടമാക്കുന്ന പറഞ്ഞാൽ ഇല്ല ഇവിടെ ബൈഡല്ലെന്ന് പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് على سقوتي بحرمهن عن بحرمهن شلر جائعينا تحجي كنت تحجي بحرمهن ادنگي لكم ادر قولا فلاي غير احد على احد وداع مجر تغير وهادا سبب الهلا دان حلا لكن دا سبب ال. قال الله تعالى كانو لا يتناهون عم كريم فعلوهو نال اولا جائعينا مجر نطرت بحرمهن وعيد اولا اولا جائعي بچير ും ചില മഹാന്മാറും പറഞ്ഞു മഹാലി സൂഫിയത്ത് ബിഹൈലി മഹ്തല പോവുന്ന ഇതിനകത്ത് മുമ്പ് ഓർത്തിട്ടുണ്ട് സോഫിയത്ത് ഹൈര് കൊണ്ട് നിലനിന്നവരായിക്കൊണ്ടിരിക്കും ഉള്ള കാലം തുറന്നുണ്ട് ഒരാതിനാ മുഖാലപ്പുറത്ത് വരും നിങ്ങനെ ചെയ്ത് നിലവിട്ട് ഇവരെ തീർക്കാൻ നിക്കു അത് പറ്റിയിട്ടില്ല ഇത് പറ്റിയിട്ടില്ല നല്ലോണ്ട് കാലത്തോളം അവരിപ്പെട്ട ചെറിയ ഒരു അബദ്ധം കാണുമ്പോൾ എന്താകും അതങ്ങനല്ല ആ തെറ്റ് പേര് സൂചിപ്പിച്ചിട്ട് എന്താകും അവർ ഒത്തുകൂടിയാൽ പല ഹൈറഫിയും ഹൈരല്ലാണ്ടായി പോയി എന്തുകൊണ്ട് പരസ്പര എതിർക്കൂല എതിർക്കുമ്പോൾ മറ്റോ വിമർശിക്കുന്നു കാണുമ്പോഴല്ല ഇവർക്കല്ലം പാലിക്കുള്ളൂ വക്കത്തക്കത്തരമ തകരി അതിന്റെ വ്യാഖ്യാനം മുമ്പ് വരുണ്ട് ഈ ഇഫ്തലാഫിന്റെ അർത്ഥം പരസ്പരം അടികൂടുക എന്നല്ല ായ കറാഹത്ത് പോലും കണ്ടാൽ അവർ എതിർക്കാൻ വേണ്ടി വരും അതാണ് ഞാൻ അർത്ഥം കൊണ്ടുപോയില്ലോ ഇതല്ലാണ്ട് ചെയ്ത് തെറ്റിഞ്ഞാ പരസ്പരം അംഗീകരിച്ചാൽ അത് പോയി അത് എത്ര തക്കത്തമ്മ ഒന്ന് നൂറ്റിയൊന്നാമത്തെ പേരിൽ കഴിഞ്ഞുപോയി വൽക്കരാ അതിനെ പറ്റിയുള്ള വിഷയം പറഞ്ഞു ഇന്തക്കാവലി മകാണി പൊന്നാ സി എന്ന ബൈറ്റിന്റെ വ്യാഖ്യാനത്തിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്നാം നൂറ്റൊന്നില്ല അബ്ദുൽ വാരിഖ് പറയുന്നത് വേറൊരു അർത്ഥം അബ്ദുൽ വാരിഖ് റമിയെന്ന് പറയുന്ന ഈ തപ്ലീലി ഈ വേറ്റിന്റെ തപ്സീലി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ എന്നെ പറ്റി നീങ്ങൊന്നും പറയല്ല ഒന്നും വിമസിക്കാൻ വേണ്ടി ആ ജീന്നെല്ലാം നിങ്ങൾ കണ്ടുവന്നോണ് എന്നാ അസുഖപ്പറ്റി ഞാനൊന്നും പറയില്ല നമുക്ക് അപ്പം പ്രോസ് ഇതുപോലെ ലിമ റോബിയൻ ബാലി അൻ സാലിഹിൻ ഇവരെ പറ്റി ചില ജിവാക്കിയപ്പെട്ട് അന്നു അത്തോമിൻ ജാഹിരീൻ ജാഹിരീനങ്ങളാത് കോമിന്റെ അടുക്കിലേക്ക് പോയി വരും എത്തി സ്വകാലം ഈ പോയ പോയി പറഞ്ഞു തന്ന ആനെ ജിബിലി ഞാൻ ജിബിലിരാകുന്നു എന്നോട് പറഞ്ഞത് അങ്ങനെ ജനങ്ങൾ അംഗീകരിക്കുമല്ലോ നമ്മിക്കാലത്ത് പ്രത്യേകിച്ചിട്ടു നമുക്ക് കിഴക്കേതെ കൊണ്ടുപോകും നബുൽ ആഹാർ തിൽ മാറി പല രോഗങ്ങളോടെ ആളുകളും വിഷമമുള്ള ആളുകളൊക്കെ ജവിലിനടുക്കിലേക്ക് പോയി സ്വയം ആരെയും ജിബിലെന്താക്കും എല്ലാവർക്കും തരാടി കൊടുക്കും ഇതുപോലെ വാഹന വാഹത്ത് കിട്ടി എന്ന് അവർ പറയുന്നു അവർ പറയണ്ടപ്പോ അല്ലേ അല്ലെങ്കിൽ പോയിട്ട് മദ്യോണിങ്ങില്ലേ ി അങ്ങനെ ജിബിലൊക്കെ ഉള്ള എല്ലാവരും മുന്നിട്ട് വരാൻ തുടങ്ങിയും ഹിരുമത്തിനും ആലുകൊണ്ടുള്ള ഹിരുമത്ത് തന്നെ മുന്നിടുക തന്നെ ചെറിയ ആളാ അപ്പൊ ജുബിദഞ്ചിനെ പൈസ എനിക്ക് ചോദിക്കണമായിരുന്നു ഇപ്പൊ സമയാഹലിലൊക്കെ പോലെ അപ്പൊ ചില ബുദ്ധിജീവികൾ ഇത് കേട്ടുലേ അങ്ങനെ ഇയാളെ കൊണ്ട് ചോദിക്കാൻ പോയി എന്നിട്ട് പറഞ്ഞു ഇന്നി ഒഴിത് അനതു ഒഴിക്കാം നിങ്ങ ഒന്ന് ഒന്ന് ഒഴിഞ്ഞു കിട്ടണം വ ഹലാബിരി എന്നിട്ട് അങ്ങനെ ഒഴിഞ്ഞിട്ട് ചോദിച്ചോണ്ടെന്നറിയാം പക്കാല ലോത്ത ഹലാ തക്കദീപ് ഇല്ലാത ജിബിലിൻ്റെ കളവ് കെട്ടിണ്ടാക്കാൻ ജിബിലിൻ്റെ അല്ലാതെ വളരെ കിട്ടിയിട്ടില്ല ചോദിച്ചു ജീവിതിച്ചത് അപ്പൊ ഈ കളവ് വന്നിട്ട് ഇങ്ങനൊന്നും പറയുമ്പോ ജിബിലിന്റെ അല്ലാത്ത വളരെയും കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞിട്ടുണ്ടെന്ന് മാറാക്കാൻ വിൽക്കളഞ്ഞോണ്ട് നിൽക്കുന്ന ശല്യം നല്ല കള പറഞ്ഞാള് നിൽക്കുന്നതാ ഇനി അതുകൊണ്ട് എതിരാണത്തെ ഇതാക്കാമി അല്ല നിങ്ങൾ ബോർ നാട്ടിലേക്ക് വയ്ക്കോ എന്നിട്ട് വക്കാനെ നീക്കോ നിങ്ങൾ നീക്കാൻ എന്താടുന്നു അതില് ഒത്തുറുക്ക് ഞാനിട കഴിഞ്ഞാൽ നിങ്ങൾ അനുവദിക്കൂ നിങ്ങൾ കഴിഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളെതിർക്കൂല ഇതാണ് സാധനം വലളംകട ബാധു മര ബാല ഇങ്ങനെ ആരെങ്കിലും വിമർശിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ആസ്വാദിനും ജനങ്ങൾ അവരെ തൊട്ടുണ്ടാക്കും ഓടി മാറുമായിരുന്നു ജനങ്ങൾ പിന്നിലും എന്റെ നീമ്പതനക്കളിയും തുന്ന മറ്റോ തുഞ്ഞാവ് കുടിസ്ഥയും ചെയ്യും ഇനി ഈ കരുവിട്ടത് അവർ അഞ്ഞാനും അറിഞ്ഞു വരുന്നുവെങ്കിലും മാ ചേരൂ അവർക്ക് വിവരമില്ലാത്ത കുറെ കാര്യങ്ങൾ അവർ അറിയുന്നുവെങ്കിൽ മാസാറു അവർ ആകുമായിരുന്നില്ല ില്ല സാറുവിനെ കബറു വരണ്ടേ എങ്ങനെ കുഹും അബസ്വാറു എന്നതാകുമായിരുന്നില്ല അബസ്വാറുകൾ അവർക്കുണ്ടെങ്കിൽ ഉച്ചുനോക്കുന്നു ചുറ്റു അടിവരെന്താ സ്പെഷ്യലേറ്റ് വന്നിട്ടുണ്ടിങ്ങനെ അവര് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അറിവുണ്ടായിരുന്നെങ്കിൽ കോലം കെട്ടാതെ ജനങ്ങളുടെ അടങ്ങിയിൽ വലിയ വലിയ ഇവർ വിവരക്കേട് കൊണ്ട് എന്തല്ലാ കോലം കെട്ടി അപ്പൊ ജനങ്ങളെ ശ്രദ്ധി ആകർഷിക്കാൻ തുടങ്ങി ഇതെന്താ പാർട്ടി അതേപോലെ തരത്തിൽ ഇവർ ശരി കിൽമോട് കൂടി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ആരെ ഛർദ്ദി പതിയൊക്കെ പൊതുജില്ല നമ്മുടെ കൂട്ടത്തിൽ കെട്ടി കാണുന്ന പോകുന്നുണ്ടാവും നോക്കി കൊതുകി തങ്ങൾ ഇത്ര വലിയ ആളാന്ന് ആരെങ്കിലും കോലം കെട്ടാതെ മൊഴ പോലെ പോയാൽ അതെത്ര വലിയാണായിരുന്നു നമ്മുടെ കൂട്ടത്തില് പെട്ടെന്ന് പോലാർക്കായി പോകണം എന്നൊരു ഇതില്ല കൂട്ടിലെത്ര വലിയായിരുന്നു കളിപ്പറന്ന് പോയവർത്തേക്കാണ് ആളെല്ലാം മാങ്ങി അപ്പൊ നോക്കാക്കി ഇല്ലാത്ത പോലീസ് വിളിക്കുന്ന അല്ല കൂട്ടിലൊന്നും ആദ്യം വരുന്നില്ല ആദ്യമായപ്പോഴും പിന്നോക്കാനില്ല കൂടുതൽ പോലീസും കണ്ടില്ല കോലം കെട്ടി എന്തെല്ലാം ആക്കി വരുമ്പോഴേക്കാളെല്ലാം പോയിക്കാണ് വിളിക്കുന്നത് എവിടെയാണ് പോരായ്മ അവിടത്തേക്കൊന്ന് പോയി ബൈസുദ്ധവും അവർ എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെയെല്ലാം അബ്സാറുകൾ ഓറെക്കുള്ളി ഉച്ചുനോക്കുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ജാനായതുകൊണ്ടുണ്ടായതും അന്നവും ലവ് അരിമവും ഈ തലീക്ക് അവർ സെക്കത്തിൽ നിന്നും ജാനിലായ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ശരിക്കാനുമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവർ അവിടെ വെളിപ്പെട്ട് അവരവിടെ എത്തിച്ചേർന്നു അവസാറുകളൊന്നും ഓറെക്കൊള്ളേ കണ്ണിട്ട് നോക്കുമായിരുന്നില്ല അതെല്ലാം സാധുക്കം വന്നിട്ട് അറിയുന്നൊക്കെ നോക്കും ഓറെ ചിന്തിക്കാനോ ഇതാക്കാനൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് കോലം കട്ടല്ല ഒന്നുമില്ല ആളക്കൂട്ടത്തിൽ പെട്ട് സാധനക്കാർക്ക് ജീവിക്കുന്നുണ്ടായിരുന്നു ഒന്നും പ്രകടമാക്കുന്നില്ല എത്ര വരെ കൊബൂലേറ്റം കിട്ടുക ഇതിന്റെ ഉടലാണ് അല്ല കൂറ് പറഞ്ഞത് ഞാൻ പതിനാല് കൊല്ലം ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുഞ്ഞുനടക്കാവസ്ഥാനൊക്കെ ഓദിച്ച് ഓർക്കി വിലയത്തിണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സമയം ലംഘിപ്പായിരുന്നു പതിനാല് കൊല്ലം ലാമ്പലം ഒന്നിച്ച് ചോദിച്ചു എല്ലാം കുഞ്ഞു മരക്കാവസില ഓർക്കി വിലായത്തിണ്ടായിരുന്നു എന്നെ നമുക്ക് മനസ്സിലാക്കാൻ സമയം ലയിപ്പോയിരുന്നു മ്പ ശിഷ്യൻ പൊന്നാണിയിൽ നിന്ന് കണ്ടുപോമ കുഞ്ഞംഭാവത്തിനാണ് ശിഷ്യനായിരുന്നു കുത്തമ്പളി കുഞ്ഞമ്പിള്ള ശിശന് ശരി ശരിക്കും ആ പതിനാല് കൊല്ലം ഒന്നിച്ചോ പതിമൂന്നാമത്തെ വയസ്സ് പോയിട്ട് ഇരുപത്തി ഏഴാമത്തെ വയസ്സ് വരെ പതിനാല് വല്ല വെറുതെ ഓതിന് ഇന്ന് താനിവിടെ ഇരിക്കും ഞാനിവിടെ വർണ്ണത്തില്ല കുണത്തിൽ കാണിച്ചില്ലേ ണ്ടായിരുന്നു മൂത്രാണെ ചീഫ് ഞാനിവിടെ മൊബരി മൂവോളം മുസ്ലിം ഉണ്ടായിരുന്നു എല്ലാം പടിഞ്ഞാറൻ കണ്ടി നമുക്കൊത്തിന്റെ വേറെ വിലത്തല്ല അത്തരം പറയുള്ളു അത്രത്തോളം വിലത്ത് കൂട്ടുകൾ ഇഷ്ടം വിലാത്തുള്ള ആളായിരുന്നു എന്ന് പതിനാലോല്ലോ ജിജുമാർക്ക് ചെയ്യാൻ വളരെ വലിപ്പിക്കാൻ ആര് കണ്ടിട്ട് വക്കല ഒന്നുമില്ല നോക്കറി പണ്ണിൽ അനു കുറച്ച് എതിരഭിപ്രായമുണ്ട് കളക്ക് അമായധ നബ്സി ലത്തിന്റെ ആയുധല്ലാം കീറി കുറച്ച് നബിനായ ജനത്തി കത്താൻ ഒരച്ഛ മുറിക്കലങ്ങട്ട് മുറിച്ചു കഴിഞ്ഞാലും ആ കത്താൻ തീർച്ചയായും െല്ലാം മുടക്കള് ഉറ്റുനോക്കിലുണ്ടല്ലോന്ന് അവർ പറയും അവർക്കൊരു ഹൊ കേസുകൾ പ്രകടം വാങ്ങുമ്പോ അവന്റെ ആകശിക്കൽ പൊതുവെ ഉണ്ടല്ലോ എപ്പോ കമ്മൂരക്കൂലല്ലോന്നോറിയും പുറത്തുനിന്നുള്ള അട്ടഹാസങ്ങളുണ്ടാവല്ലോ അവർക്കെതിരെ അപശബ്ദങ്ങൾ അതും വർദ്ധിക്കും അപ്പൊ അനുകൂലിക്കുന്ന ആളോ പ്രതികൂലിക്കുന്നുള്ളോ ഉണ്ടാവും വന്നില്ല ആളുകൾ സുല്ലത്ത മാലിന്യം സാധിക്കും അക്കിൽ അമ്മാ കുമാരോ സോലാന്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു കുറേ വിമർശിക്കാനുണ്ടോ കുറെ അംഗീകരിക്കാനുണ്ടോ ഒറ്റത്തരം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഞാൻ പക്ഷെ മാമ്പത്തിയമിരിൽ അവിൽ മുന്തസിബിയിലെ മഹാന് ദൈവം ലംചുന്തറയിലേ അധുൻ വലം യുറങ്ങി കാരെയ അധുൻ എന്ന് പറയാം വേണമെങ്കിൽ എങ്ങനെ ഫുക്കറായി കൂട്ടത്തിൽ നിന്നോ മുണ്ടസിബിങ്ങളെ കൂട്ടത്തിൽ നിന്നോ ഉണ്ടായി അവരോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞു കൂടി ഓരോ ദിൽ തന്നെയായി അന്ന് ലംചുണ്ടറിയിലേ യന് നുറു ഇലേ അഹദൂദ് ഉദാഹനം നോക്കുകാണ് വണങ്ങി പറയാ അഹമൂല എന്തു വേഞ്ഞൂള വനം യഗയറു അലേ അഹദൂദ് ഓരാളോ അറബി മതിതാനം ബൗല എന്ന് വെച്ചാൽ അണ്ടാക മുപരിബാർത്തി ചെയ്യുവാണ് വന ഉദന്ന ദരീദ ബൂറൂദതിനി അവരാണെങ്കിൽ അതിനെ ഉൾസായിച്ച് പ്രബർത്തിച്ചില്ല എന്നിടേ വീട് നടത് ഉൾസായിച്ച് പ്രബർത്തിച്ചീ ഒരു ഖുസൂസിയാത്ത് കിട്ടിന്ന് വന്നെഞ്ഞിഞ്ഞാലി കൊറേയാണ് ദുർകാനം വരും കൊറേയാണ് അങ്ങവാ അനുളിക്കാനന് വരും ആകാരം വെർച്ചയാ രണ്ട് നിലക്കും ചെറുതാകത്തി അല്ലാരെങ്കിലും ഈ കോലത്തിൽ മാത്രം അവഗണിക്കപ്പെട്ടോ എന്നാലേ എങ്ങനത്തൊന്നും വന്നിട്ടില്ല എന്ന് തെളിയുവാണെന്ന് അവർ പറയുന്നു എന്നാണ് അള്ളാഹുവിനെ കാര്യങ്ങൾ പ്രവേശിച്ചാൽ ഇങ്കാറാക്കപ്പെടുമോ മംഗൂറാണ് ജനങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും രംഗത്ത് വന്നോ അന്ന് മമ്പറൂർ എല്ലാവരും ഒക്കെ വെച്ച് പേശിങ്ങോട്ട് സഹായം കിട്ടും കഴിക്കും وقالوا اذن ماهر مرون ادخلوا عامل الخواص فذنت اباب الناس خواص الناس مذهبريل وتماثيل ياعلغون في خواص مذهبر نور كريد الله خواص الناس مذهارد مرى الناس هو قرنه اور کلیاکا نہیں ڈالو فذنت اينكتم تي انا پردارنا نہیں ുനാസി അലല്ലൌലിയാ അവലിയാക്കൾക്ക് അതിലെ ജനങ്ങള് രംഗത്ത് വർത്തിണ്ടല്ലോ അസ്ലിത്താക്കല് ഈതാ തിടക്കത്തിന് അത് സുല്ലത് പണ്ടേ നടന്നൊരാക്കൾക്ക് എതിരെ ജനങ്ങള് ചെയ്യും മമാദാണിക്ക് അതിനു വേണ്ടിട്ട് ഇല്ലാതെ ഹോധിയും അവാുതിയും അവരെ നശിജീവിപ്പിച്ചോ അതായത് കള അതിനെ തൊട്ടെല്ലാം റൊയിഞ്ഞു മാറി ورثها عليهم من عالمه السهين او رحتن عالم من النور يا ترى ويور ما دي كنت كنكم برس جناله ذكرين ولكن ولا ورثها بتقولا والله اعلم ثم قال لو لم يكن معني بما منك ما لتندوني اسبتني كساك لو لم يكن بعض لن با عن ايرن ليلن اكي لن با لك اكي سنار ابلي ഇതൊരു ബാങ്ക് ഇതിൽപ്പെട്ട ഇവരുണ്ടാക്കണം ഇവർ ഇവർക്കെതിരെ പുറത്തൊരുമയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് അങ്ങനെ ഇല്ലായിരുന്നവെങ്കിൽ മാരൊക്കെ ഇപ്പോൾ ഇവർക്ക് പേര് കിട്ടുമായിരുന്നില്ല ലസ്ബത്ത് ഉൽക്കഥാഖ്യ സീറ്റി പ്രാണന്മാർ സീറ്റിക്കാർന്ന് പറഞ്ഞില്ല ബാക്കി കസാഖിത്തെന്ന് പറഞ്ഞാൽ തുന്നതി കിട്ടിയില്ല ഒന്നല്ല കിട്ടുമ്പോൾ ഒന്നി കസാജി ഇതിൽ കിട്ടുമെന്നുള്ളികളെ ഒരു പാർട്ടിയാണ് ലക്കബ് കിട്ടിയിട്ടുണ്ട് ഇവർ പരസ്പരം സംഘടനയിൽ നിന്നുണ്ടാവും അല്ല അത്തരം മേലെ നീക്കുകയാണെങ്കിൽ ഒരു നല്ല അഭിപ്രായം കിട്ടുമായിരുന്നു എന്നാണ് മധുഹബ് സോഫിയത്ത് എന്താണ് അല്ല ഇൽപ്പത്ത് അത് മൂവാപ്പക്കത്ത് കൽബും കാണുന്നത് ഇതാണ് സോഫിയത്തിന്റെ മധുഹബ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നല്ല ഇൽപത്തും മൂവാപ്പക്കത്തുമാണ് കൽബും അവരുടെ കൽബ ഒരറ്റ കൽബാണ് നൂറാളുണ്ടെങ്കിൽ നൂറ് മുതൽ ഒറ്റക്കല്ലു ബാദുഹും ബാലുബാദിനെ സ്നേഹിക്കുന്നു അവർക്ക് ഹെഡ് കൊടുക്കുന്നു അക്കത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഹസാദാനി ഭീമാക്കാഹദര്യമതത്തിന്റെ ഈശ്യം പറഞ്ഞല്ലോ മുമ്പ് ഹദാനി മാമിനകത്ത് അതുകൊണ്ടുള്ള ഫായലുകൾ ഇങ്ങനെ ആണ് നമ്മുടെ സുഹൃത്തുക്കളായി സുഹൃത്തിന് ഇന്നയിൽ നിന്ന് ഔസാപ്പുകൾ ഉണ്ടായിരിക്കണം ബുദ്ധി വേണം ഇനിമ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മുമ്പ് പറഞ്ഞുപോയിട്ടുണ്ട് അങ്ങനെ ആ ചെറുത്തലിൽ ഒപ്പിച്ച് ഒരുപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പല പല സംഘടനകളോ എതിർക്കരോ അടിപൊളിയോ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ആണ് അഹമ്മത്താലി അഹാബത്തിന്റെ മകളിലായിക്കൊണ്ട് അള്ളാഹുല പറഞ്ഞില്ലെങ്കിന് മേൽ അവർ അതില്ലത്തുകള ஐ ومتعاطفين ادللا على المؤمنين تنى المؤمنين المرل اور انيت بنيم تالما انيتت الكالنم كرفه جينവർ <تضحكي> چنانچہ اپ ا عزتن للكافرين എന്നു പറഞ്ഞത നഹാബിന عليه شدตน ذلตน قالينت تعال شدتاروں کوفیتن ادری اور نکلكونවル मागનો معنات വക്കാലത്തിൽ ആയത്തിൽ നസിബ്ദുൽ എന്നും പറഞ്ഞു വരണ്ട റുഹമാൻ നമ്മുടെ ബാബു പല്ലം ഞെക്കുൻ മധുഹം ഈ രീതിയിൽ അവിടെ കണ്ടു പോകാത്ത ആരുണ്ടോ പല നസീബുകൾക്ക് ധരിച്ചൽക്കോന്ന് യാതൊരു നസീബ് ഓക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ കാതരി അങ്ങനെ ചക്തി ഉണ്ടെങ്കിൽ െ പറ്റി പറഞ്ഞാൽ ഇതിനെ ജീവിതം ആദ്യം മാതവും ഓരോരുത്തർക്കും പരസ്പരം കണ്ടുടാ ഓൺ കൊഴിങ് കണ്ടൂടെ ഇവടാ ഏഹ് എല്ലാം ഓരോ പർ അച്ഛനും അവന്റെ സാഹിബെന്താ പറഞ്ഞ് ഓണിക്കെതിരെന്താ പറഞ്ഞ് ഓണിക്കെതിരായിരിക്കും അതുകൊണ്ടാണ് നിഷിഹ്നത്തിന്റെ അവരുടെ കൽബിന്റെ നിഫുറത്തിന്റെ കാഠിന്യമാണ് കാണിക്കുന്നത് വൈരാഗ്യം അതുകൊണ്ടാണ് അവരുടെ കൽബി കഴിഞ്ഞിന്യ ബാക്കിയുണ്ട് െങ്കിൽ ഹൃദയം തെളിയുമായിരുന്നു പരസ്പരം കാരുണ്യത്തോടു കൂടി അവർ അങ്ങോട്ട് മരുന്നോകളും സുഹൃത്തുക്കളാക്കി കഴിഞ്ഞു കൂടുമായിരുന്നു പലവനം ഞക്കോനു മൊത്തീന ഇവർ അക്സൈബർ ആയിരുന്നില്ലെങ്കിൽ ഒത്തൊരുമിയോടുകൂടിയാണെങ്കിൽ എങ്ങനത്തെ മുത്താഖ് സിങ്ങൾ ഇല്ലാലി മുത്തോനും ഏതും ലൌലിന്റെ ജവാബ് വരുന്നേ ഉള്ളു മുത്താക്കി സീന്റെ സിഫത്താണേത് ലാ എജീന ഇല്ലാലി മുത്തോനിയും ഓരോ ബായലിന്റെ പ്രശ്നം ഉണ്ടല്ലോ അതിന്റെ വേണ്ടി ഒരുമിച്ച് കൂടുതല അങ്ങനത്തെ മുത്താഖിസീങ്ങൾ ബാക്കിയെല്ലാ വിഷയത്തിലെന്ത്ണ്ട് എല്ലാ ദുരിപ്പാണ് ആയിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ മാസം ജനങ്ങൾ അവർക്ക് പേരു കൊടുക്കില്ലായിരുന്നു എന്ന് കിട്ടുമ്പോൾ എന്ന് പറയുന്ന പാർട്ടിണ്ടല്ലോ എന്നാ ഒരു സ്ഥാന പേര് കൊണ്ടുപോ ജനങ്ങൾ വിളിക്കില്ലായിരുന്നു ഇവർ കളിയല്ലേ വിളിക്കേണ്ടി വന്നത് വിളിക്കപ്പെടാറുണ്ട് എന്നാണ് ആ ദുഷിച്ച് പേരുന്ന കിട്ടി ഇവർ ഈ സ്വഭാവം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാരണത്തിന് വേണ്ടി ആവണം കാലബാദുഷേഖമാറിൽപ്പെട്ട ചിലരായിരുന്നു എം നബാബഹു അവരുടെ ശിഷ്യന്മാരെ തടയും പാർട്ടി ഉണ്ടല്ലോ സുന്ന പോന്ന പാർട്ടി തക്കാലോപ്പായു പോകുന്നതിന് ശിഷ്യന്മാർ അയക്കൂല ും അസഹാബിമാരോട് അവതരിപ്പിച്ചതൊക്കെ എങ്ങനെ ഒരു വലീമത്തിന് പങ്കെടുക്കണം നിങ്ങളെല്ലാം കൂടി തക്കാരി നൂപ്പൊരു വലിയ ആക്കും അധികാരം പോകുമ്പോൾ നമുക്കിട പരിപാടിയുണ്ട് അന്നൊരു വിജയം ഒരു പാർട്ടി എന്നുക്കാൻ കഴിഞ്ഞു വെച്ചാൽ ഒരാൾ ി ഹുബീൻ താമീം അവർക്ക് നാക്ക് നല്ലോണം ഭസ്മചം കൊടുക്കും ഹുബരി അബു മരി മീൻ താമീ മൂപ്പർ റാമുണ്ടാക്കിട്ട് കബനുറലി മറീമൊക്കെ പോകുന്നതിന് ഉൾപ്പെട്ടിരുന്ന് റാം കൊടുക്കും ആടെ പോയാൽ പോലും പച്ചിറങ്ങാനേ ഉണ്ടാവുള്ളൂ ഒരു നിലവാണ് പറ്റൂല്ലേ അല്ലാറീ മുറഹു ഭക്ഷണത്തിനോടുള്ള അത്യാഗ്രഹം അതിനോടുള്ള ഈ താല്പര്യമൊന്നും എന്റെ മുരിതന്മാര് പ്രകടമാകാൻ പാടില്ല എന്ന നൂറ് പറഞ്ഞു അതിനൊക്കെ ഞാൻ കൊടുത്തോളൂ നിസ്ബത്ത് അപ്പൊ ഈ നിസ്ബുണ്ടല്ലോ ഇന്നാലെ ശിഷ്യനാണ് അബോമിയന്റെ ശരീരത്തിൽപ്പെട്ട ആളാണെന്ന കാലം അതിലേക്ക് എന്താക്കും ഇവർക്കൊരു പോരായ്മ വരും അത് വേണ്ട അപ്പൊ ഹാത ഈ പണി ചെയ്ത പണി അബോമിയെന്ന് ചെയ്ത വൈറത്ത നിസ്ബന്റെ മേള മൂപ്പറേ ആ വൈറത്തടാ അത് വേറെ കൊറവറിയാൻ പാടില്ല ഒരാളെ കൊണ്ടിരി എന്റെ ശിഷ്യന്മാർക്ക് ഏ ഓൻ തുന്നിട്ട് വേണ്ട ആ അത്രത്തോളം വേണ്ട അത് നിസ്സാരമായി കണ്ടാഹു ഹൈറന്നു മുസ്ലിഫ് അബൂവത്തിന് വേറെ പക്ഷെ ഇല്ലാതാക്കാനത്തെ ഹാലും ഖാലിബത്തുൽ വല്ലാണ്ടെന്തായാലും ഖാലിബായി പോയി പെയ്ച്ചതാണെന്ന് ചന്തലുമായി പോയിന്നെ ആരെങ്കിലും തിന്നൂടാന്നല്ല പറയുന്നു പല കലാമലാ സാഹിബി അങ്ങനെ വന്ന അവസ്ഥ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല ഡീസൺ ചെയ്ത എത്രത്തോളം അത്രത്തോളം ഇത് കൊല്ലുമാറ ഹക്കുൻ കടമപ്പെട്ട കാര്യമാകുന്നു ആർക്കെ ലിമങ്ക അരയും മുങ്കിയ അവർക്കെതിരെ ഇൻഗാറാക്കാൻ ആർക്കെങ്കിലും സൗകര്യപ്പെടുമോ അത് അത് നമ്മൾ കടമയാകുന്നു കഴിഞ്ഞ തരം എല്ലാവരും ഇൻഗാറാക്കണം ഈ പരിപാടി അനുവദിക്കാൻ പറ്റിയില്ലാന്ന് ഇവർക്കറിയണ്ടല്ലോ ആ എതിർത്തേ പറ്റുമോ ഇത് കാരണം കുല്ലുമായി മിശ്രം ഇന്നും മുൻകറ അവറവക്കൽ നിന്ന് മുൻകറ കാണുന്നെല്ലാം എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എന്താക്കണം കുല്ലുമായി മിശ്രം ഇന്നും മുൻകറൻ മുങ്കറായിട്ട് അവളവക്കൽ നിന്ന് കാണുന്നെല്ലാം എന്താക്കണം ഇൻകാറാക്കപ്പെട കാക്കാൻ വാജിമാകുന്നു ആരും സമ്മതിക്കണ്ട ഹക്കുൻ എന്നതെന്താ കളയപ്പെട്ട ഒരു മുബുത്തത് അപ്പൊ ഹക്കുൻ എന്നായി അൽ ഇൻകാറു ഹക്കുൻ ഇൻകാറാക്കൽ ഹക്കാണ് കടമയാണ് ആർക്ക് അവർക്കെതിരെ സൂര്യപടം ആ കഴിഞ്ഞാൽ മറ്റൊന്ന് വാങ്ങിയക്കോത്തദാൻ അല്ലെങ്കിൽ ഞാൻ ഒരു അൺ സങ്കല്പിക്കാൻ ഒരു കേല്പിച്ചിട്ട് അതിന് ഹബറാക്ക അന്നും പേരുമുണ്ടാക്കിയ മസ്തന് കൈവല്യ വരുമല്ലോ അപ്പ എന്തായി ഹക്കൊല്ലിമും ഒരന്നും ഒരു പേരും സങ്കല്പിക്കാൻ അപ്പൊ എഫ് അലതാലിക്ക ആ ഇൻകാറിനെ പ്രവർത്തിക്കാൻ അവരുടെ മേൽ ഹക്കാവുന്നു തപ്പ എനിക്ക് ഹക്കൊല്ലാൻ അല കഥാവ കഥാ വെക്കഥനാക്കി കൊടുത്തു കത്ത കത്തായും നീ സുഖായന്നത് ലങ്കാറാക്കാൻ പാടില്ലാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നരി ശാരി ഇവരെന്താ പറഞ്ഞത് പറ എല്ലാവരും കാണുന്ന ആളെല്ലാവരും എതിർക്കൊണ്ടവർ അങ്ങനെ വിട്ടാൻ പറ്റൂല ഇല്ലാമാക്കാനും ഹറാമാക്കപ്പെട്ട നിജമാതും യാതൊരു തഴവീരും ഇല്ലാത്തതാണ് ന്യായീകരണത്തിനും കാരണമില്ലാത്ത കാര്യങ്ങളെന്താക്കാൻ പാടുള്ളൂ എതിർക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എതിർത്താലേ പൊച്ചു എന്നുള്ള തക്കീർ പ്രകാരം വലീനിൽ നല്ല റിസ്ക്കോട് കൂടിയും മാർദ്ദവത്തോട് കൂടിയും ലുസുഫോട് കൂടിയാകാൻ പാടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടുള്ളൂ അതെ അങ്ങനെ തകീര് വരുമോ ഇല്ലാതെ ചെറൈനൊക്കണല്ലോ നടപ്പാക്കേണ്ടി വന്ന് അല്ലെങ്കിൽ അതപൊടുപ്പിക്കേണ്ടി വന്നാൽ എപ്പോഴും അതിപുരഹു അതോ പഠിപ്പിക്കാൻ ഒരുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ ഒരു ഹാക്കിമോ ആരോ അയാളാകണെങ്കിൽ അപുധി ഇപ്പോ അടിമന്റെ വാദിയാണോ ഞങ്ങടെ അടിമ ഈ ആദ്യം സൈ സിന്റെ മോനിക്കത പഠിപ്പിക്കുന്നൊരു അടിമ ഉണ്ട് ഒരു സയ്യിദ്ണ്ട് സയ്യിദിന്റെ അടിമയുണ്ട് ഈ അടിമന്റെ മുമ്പിൽ ആര് വന്ന് ഈ സയ്യിദിന്റെ മോൻ പഠിക്കാൻ വന്ന് സയ്യിദിന്റെ മോനന്റെ നെക്കിന് എമ്മ എത്ര ബഹുമാനിച്ചിരിക്കും ഈ അടിമയാകുന്ന ഉസ്താവ് കൈകാര്യം ചെയ്യുന്നു എന്നു പറഞ്ഞ മാതിരി അയാത്തോടെ പറ്റുള്ളൂ ഇവർ ആരും നിസ്ബയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൈകാര്യം ചെയ്യാൻ ആര് അക്കലാദു മുഹമ്മദ് അളം വലാ ത്വൻ നിസ്ബത്യ അൻഹു ആ നിസ്ബന്റെ ആദരവുണ്ടല്ലോ അത് കളഞ്ഞു കുളിക്കാൻ പാടില്ല ബിസാബി മാസോദടമിന്നു അവന്റെ പക്കൽ നിന്നുണ്ടായ തെറ്റിന്റെ കാരണം പറഞ്ഞു കൊണ്ടിട്ട് നിസ്ബൻ എന്നും പറയാൻ പറ്റൂലെന്ന് പറഞ്ഞു അവർക്കെതിരെ എന്നാ തന്നെ വന്നാ തന്നെ സെലൈനുടക്കണം പമ്പി അത് ഇന്നമാഹുവൻ ഇമഞ്ഞുവക്കാലിലെ പമ്പി അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ട വൃത്തിയാരാണോ അയാൾക്ക് മാത്രമതിന് അധികാരമുള്ളൂ അതുപോലെ നീതിവാൻമാരായ കാതിമാറ പോലെ വാഹനം ഹിസ്ബത്തില്ല ദീനെത്തക്കൂന്നള്ള അള്ളാഹു താലാക്ക് തെക്ക് വാശ്ശേരി ജീവിക്കുന്ന നീനിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉണ്ടാവില്ല ഹിസ്ബത്ത് ആശുപത്രി അല്ലാതെ ജോലിക്ക് വേണ്ടി ഇനി അക്രമങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ആള് ഓർ സ്വയം തത്തുക ചെയ്ത ആളാകണം അങ്ങനെ അധികാരമില്ലാത്ത ആളുകൾക്ക് ഫസ്ത മൊത്തിട്ട് തസ്സലി തസ്സിനുമാക്കി അറങ്ങിക്കൂടാള് അവരിങ്ങനെ അധികാരം ചോദിക്കാൻ പറ്റാണ്ടാവുമല്ലോ കണ്ടമാളെല്ലാം ചോദിക്കല്ലോ അനു ഉത്തരവാദിത് പട്ടുണ്ടാവുമല്ലോ ഓർമ്മയായിരിക്കണം ചോദിക്കേണ്ടത് അതികാറാക്കുന്നതൊക്കെ ിൽ അബ്ദുറഹ്മാൻ പുതുക്കിയ അല്ലെങ്കിൽ അഞ്ഞിക്കുന്ന്ഹാദിൻ എത്രാമത്തെ ഷെയ്ഖാബ പതിനൊന്നാമത്തെ അതു ആകാം ഈ അലീനെ വന്നിട്ടുള്ളു ഏതാ അലീ അതുകൊണ്ടില്ല മൂന്നാമത്തെ ഷെയ്ഖ് അല്ലെ പതിനൊന്നാമത്തെ ഷെയ്ഖ് രണ്ടും അലിയാം മൂന്നാമത്തെ അലീബിൻ അബ്ദുറഹ്മാൻ അംബാനി അല്ലെങ്കിൽ അലി സിൽ മസൂർ രണ്ടു അതെ അൽത്താർ നമ്മളെ ഫുക്കറാക്കൾക്ക് ഏറ്റാള് പറയുന്നു ആരെ പോയത് യുദ്ധശ്ശേരി കൊറേ മാളങ്ങളിൽ പോയി കൈയിട്ടിട്ട് പാമ്പെത്തിക്കുമ്പോഴാണ് മാളുണ്ടാവും മാളത്തിൽ പോയി കൈടുക അൽഹാറു ഡബ്ബരും ഒന്നാമത്തെ മാളത്തിൽ ഒരു പാമ്പിനെയും കിട്ടിയില്ല യ്ക്ക് രണ്ടാമത്തേലുമില്ല അലപ്പറന്ത ലന്നാലല്ല കാപ്പാണല്ലോ ലക്കാറ്റന്നാക്കിയൊക്കെ ഉണ്ടു ലക്കാത്ത പറഞ്ഞാൽ പാമ്പിന്റെ കടി പാമ്പിന്റെ കൊത്ത് മൂന്നാമത്തേലായിരിക്കും ജലപ്പം തണ്ടാലി കൊത്തു കിട്ടല് പരിഹരിക്കും മിൻസാത്തി അപ്പൊ അപ്പോ ഇന്നാളും ഞാൻ കുറവ് ഇന്നാലെയും കുറവാണ് ഒന്നും അവത് ചിലപ്പം വേറെ ആരെങ്കിലും കുടിക്കുമ്പോഴേക്കും പാമ്പിന്റെ ഒത്തുവിട്ട പക്ഷെ കയറിയിട്ടുണ്ടാവും മെച്ചിട്ടുണ്ടാവും കൂട്ടിച്ചോളം വഹാദാ ഈ പറഞ്ഞത് മിനൻ നാഥനി ബൈറ്റ്ണ്ടാക്കിയാൾ എന്താവാണത് ഇങ്കാറാക്കാൻ സാധിക്കുന്ന ആളെല്ലാവരും ഇങ്ങാറാക്കൊള്ളണമെന്നല്ലേ പറഞ്ഞത് അത് തഹാമ കുറച്ച് കടന്നു കയ്യായിപ്പോയല്ലോ എല്ലാവരും ഇങ്ങാറാക്കാൻ രംഗത്ത് വരണം മുമ്പ് ജനങ്ങൾ ഇറക്കി വിടുന്നത് അത് കടന്നു കയ്യായി പോയി വക്കീ തസലു ജാനീബ് അതുകൊണ്ട് അവലേക്കമാറ ജാനീബിലേക്ക് മറ്റോരൊക്കെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കലി വരുന്നുണ്ടല്ലോ പോകും അതുകൊണ്ട് ആ വരിതന്റെ കളിയാണ് പറയുന്നത് അതൊരു പ്രശം പാടില്ല വലാസിമാ പ്രത്യേകിച്ച് അല്ലാരിഫായ ആള് ലായറ ഇല്ല കമാലിനെ അല്ലേ കാണേണ്ടത് എല്ലാരും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഇറക്കി വിടില്ല ിഹമ്മിനെ തീലിഫായവരാൾക്ക് തകവീലാത്തിൽപ്പെട്ട എന്തെല്ലാം ഫാമിലികളും കണ്ടെത്താൻ കഴിയും ആരിഫായവരാളാകുമ്പോ കമാലിന്റെ മോളെ ബസ് പതിയാൻ പാടുള്ളൂ ഈ കുറ്റം മാത്രം കണ്ടുപിടിച്ചിട്ട് എല്ലാവരും എതിർക്കുമെന്ന് പറഞ്ഞു എന്തോ ഉപ്പ് ഉപ്പറെ അങ്ങനെ നിങ്ങളോ പറഞ്ഞ ഒറ്റ കലവട്ടില്ല يكمل نقصان القبيه كماله ففاق ما ثم نقصان وما ثم باشعون على عينة برناد فكل قبيه إن نسل تالي حسنه أتتكام عن الحسن فيه تصالحون ورعرف أيامانيش النبي شامبرين يكمل يعرف أيامانيشن كامالك كامال كري ഇതിന് നുക്കസാനൽ കമീഹി കമീഹായ ഒരു സാധനമുണ്ട് മഹാ മോശപ്പെട്ട സാധനം അതിനെന്തെല്ലാം കുറ്റം കുറവുണ്ടാകും ആ നുഖസാൻ എല്ലാം എന്താക്കും കമാലായിക്കളിയും അത് കമാലും ആര്ക്കിന്റെ കമാലി ആര്യഫിന്റെ കൈമ കിട്ടിയാൽ ഇതെന്തെല്ലാം കുറ്റം കുറവുണ്ടോ അതെല്ലാം തീർത്തിട്ട് ശരിയാതണ്ടായി അല്ലാണ്ട് അത് ഇന്നത് കുറ്റോ എന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ചിട്ട് ആശമിക്കാൻ അല്ലാണ്ടാണ് فما تم نقصانا أفعرف أنه قائمة كتيرا إنها قبيهن من الله نقصانا رباكي الله وما تم مباشر وقد تنبغي أنه رسول الله وكل قبيهن عند قبيهه كوتا مواشفتت إن سبت لحسنه عدن نانمي لك جرتا اسبعا جهداري أتتك معاري الحسن رسنعا جن معاري ولن نبرجم تصارع فيهن قبيهن قبيهن تصارعو للي بيناد العنام അപ്പൊ എത്ര ചീറ്റയായ സാധനവും ഒരു നല്ലൊരാളെന്നൊക്കെ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായി മാറുന്നു കാണാം ആ ശൈലിയാണ് ജയിരിക്കേണ്ടിരുന്നത് ഞാൻ പറഞ്ഞു എന്നിട്ട് നന്നാക്കിയെടുക്കാനെ നോക്കണ്ടി ഞാനിന്ന് പറഞ്ഞില്ലല്ലോ ഇതെല്ലാ തുസെല്ലം ഒരു കത്താൻ നമുക്ക് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റൂല എല്ലാരും കൂടെ ഇങ്ങോട്ടാക്കണം എന്ന് പറഞ്ഞത് അത് പറ്റൂലെന്നത് എന്താ പറയുന്നത് ഒരു സോഫിയായിക്കൊണ്ട് ഒരു സേഹായിക്കൊണ്ട് രംഗത്ത് രണ്ടാള് എന്തെല്ലാം പ്രാക്ടീസ് അയാൾക്ക് പോകണം എന്നാ പറയാൻ പോകുന്നു عَرْلِ مَنْ لَمْ جَرْلِ الْعُلُومَ فَرْضًا وَيَعْلَمِ الْمَوْجُودَ وَالْبَعْضُهُمًا وَلَمْ يَكُمْ فِي فَضْحِهِ فَقِيْهًا وَسَائِرُ الْأَرْكَامِ مَا يَذِدِيهًا وَالْهَدَّ وَالْوَصُولَ وَالْلِسَانَ وَالْذِكْرَ وَالْهَادِدَ وَالْمُرْهَانَ ولم يكن أعكام علم العالي ولا درى ما قاطد الرجال ولم ينزه صفة المعبود ولا درى ما راكب الموجود والنفس والأقلام أنبر موحا ويدر منه صدره المشروحا റുത്തുമത്തൽയോഹി ആറു മഹാ മോശമാണ് പറ്റാത്ത പണിയാണ് ആക്ക് ഡിമാൻ ഒരാൾക്ക് എന്താ മോശം എന്ന് വയ്യ പറയും അയ്യ താഴത്ത റുത്തുമത്തൽ ഷയോ എന്താ അയ്യത്താഴത്ത റുത്തുമത്തൽയോ മാരുടെ വർത്തവ കൈകാര്യം ചെയ്യല് സേഹ എന്നുള്ള വർത്തവ കൈകാര്യം ചെയ്യൽ ആരാണ് മഹാ മോശപ്പെട്ട സംഗതിയാണ് ആരിക്കൽ ഒരുപാട് ഒരു അയാൾ പ്രാക്ടീസാക്കി വെക്കണം ഒരുപാട് ഇനിമയാക്ക് വേണം അത് പണ്ട് ശേഷന്മാരെ ചെറുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ബാക്കി വലിയ പറയുന്നു മാത്രമല്ല മൗജൂലേത് മാധുവേത് ശരിയായ മോജു ഏതാണ് ശരിയായ മാധുവേതാണ് എന്നുള്ളതെല്ലാം അയാൾക്ക് ശരിക്കും അഡീഷാണ് രണ്ട് വലം ഞെക്കും ഫീ ബജറ്റ് ഫീ പത്തിക്കത്തിൽ തന്നെ നല്ല ഫീഹ് ആയിട്ടില്ലെങ്കിൽ ശൈഹാരം പറ്റൂല വസായുള്ള അക്കാമി മറ്റുള്ള അക്കാമികളുണ്ടല്ലോ ജീവിന്റെ അതും മായതിന് യാൽ അറിയുന്നില്ല എന്നാലും പറ്റൂല ഹഡ് ലിസൻ ഇന്ന് ഇന്ത്യൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നേന്റെ താരിഫ് എന്താണ് ഇന്ന് എന്താണ് അല്ലെ അവസ്ഥ അല്ല ഉസൂര് ഇങ്ങനെ പലൂലുകളുണ്ട് അതറിയണം പറഞ്ഞ അറബിയസ് ഭാഷ ഉണ്ടല്ലോ സർഫുൻ നഹബ് മുതലായവ ലിസാനുമായി ബന്ധപ്പെട്ടത് ലിഖിറേതാ ഖുർഹാൻ ഉള്ള അതിന്റെ തിലാബത്ത ഓത്തുകൾ മുതലായവൽ ഹദീഫ് ബുർഹാൻ ഏതാ നമുക്കൊരു മസ്തലത്ത് ബൂത്താക്കണമെങ്കിൽ അതിനെങ്ങനെ ദലീല്ണ്ടാക്കണം ദലീൽ കുർഹൻ അതറിഞ്ഞിരിക്കണം വലം ഞക്കുൻ അയാൾ ആയിട്ടില്ലെങ്കിലും എന്നൊരു ഇൽമുണ്ട് ഏത് മാനസികമായ അവസ്ഥക്കാണല്ലോ ഹാല് എന്ന് പറയുന്നത് അപ്പൊ തക്വ എന്ന് പറഞ്ഞാലെന്താ സുഹൃ എന്ന് പറഞ്ഞാലെന്താ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ലള എന്ന് പറഞ്ഞാൽ എന്താ അഹബത്ത് എന്ന് പറഞ്ഞാലെന്താ തവക്കുൽ എന്ന് ഇൽമുൽ ഹാൽ ആതിനെ ശരിക്ക് അയാൾ ഇഷ്ടമാക്കണം എന്ത് എന്തല്ല പിന്നെ വലാദറ മക്കാസി സോഫ്യാക്കളായ മഹാന്മാരുടെ ഇബാഹത്തിന്റെ പ്രയോഗത്തിൽ ഇന്ന പംപ്രയോഗിച്ചത് എന്താണ് അവളെ ഉദ്ദേശിക്കപ്പെടുന്നത് അസ്ലാഹത്തല്ല അത് അതുപോലെ സിഫത്ത് അൽ മഹബൂദ് അൽ മഹബൂ അള്ളാഹുവിന്റെ സിഫത്തുകളായ തൻസി ഹക്കീരില്ല എന്ന് അറിയുമ്പോൾ തൻസീ തസ്ബി മുതലായ കാര്യങ്ങളൊക്കെ പറ്റിയാൽ അറിഞ്ഞിരിക്കണം റോഹീദിന്റെ ഘടകങ്ങളാണല്ലോ മർത്തബകൾ എന്തൊക്കെയാണ് ഹക്കി കയ്യാ വജൂദ്ണ്ട് മജാസിയ വജൂദ്ണ്ട് ഉചോദ് പലയതുണ്ട് ധിനാവുജോദ്ണ്ട് പിന്നെ ലിറ്റാനിയ വജുതുണ്ട് റക്കമിയാവുജോദുണ്ട് ഹാരിജയായ വജുതുണ്ട് ഉജോദിന് പല മസ്തകളുണ്ട് അതിനനുസരിച്ച് അക്കാമുകൾ മാറിവരികയും ചെയ്യും അതൊക്കെ മനസ്സിലാക്കണം അതുപോലെ നെഫ്സ് അക്കത് റോഹ് സെറ് കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളിലേക്കല്ലേ പോകുന്നു ആദ്യം പതിന് മുന്നേറത്തേക്ക് പോയി നെഫ്റ്റിലേക്ക് പോയി നെഫ്റ്റിന് കൽബിലേക്ക് പോയി കൽബിന് റോഹിലേക്ക് പോയി ഉള്ളിലേക്ക് പോകുമ്പോൾ ലത്തീഫായ ലത്തീഫായ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യ ശരീരം പുറത്ത് ഉള്ള നൽബ് അക്ക് മൂററ് ഹഫി അഹ്ഫ ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയില്ലേ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതിന്റെ പുറത്ത് ബദനി അത് തന്നെ അത് പുറമേ ആലമുൻ നാസൂത്തിൽ കൽബ് ആലമുൻ നാസൂത്തിന്റെയും ആലമുൽ മലക്കൂത്തിന്റെ അടിയിലെ മറുതഹ ആയതുകൊണ്ട് നെഫിനെടുക്കിട്ട് നെഫ്സിന് നെഫ്സും പുറത്തേക്ക് തന്നെ കൽബ് വറുത കണ്ടു ബാക്കി എന്തെല്ലാം ഉണ്ട് അഖിലെ അറുവാഹി ചെറുത് ഹഫയ്യ അഫ്ബ അഞ്ജനുണ്ട് ഈ അഞ്ജനത്തിന് എന്താ പറയുക ജവാഹുൽ പേര് പറയുന്നു നഫ്സങ്ങൾ ഉൾപ്പെടുത്തുമ്പോ ലത്താഫ് സിറ്റാ കൊടുക്കും കൽബ് ഉൾപ്പെടെ നബ്സത്തുന്നില്ല നഫ്സും പതനും പുറത്തു നക്ഷപതിരത്ത് കാണാ ലത്താഖ് സിറ്റ് ജവാൻ ഉൽ ഹംസ് അതിനുശേഷം അതിന്റെ ഒരു മുന്നും മിജരാക്കിനും വ്യത്യാസം ഉണ്ടാവും ദിക്കിന്റെ മായനാക്കി വ്യത്യാസം ഉണ്ടാവും ദിക്കിന്റെ അൽഫാവിന് വ്യത്യാസം വരും നമ്മിന്റെ പുറത്തേക്ക് പോകുമ്പോൾ എന്താക്കും ലായെന്ന് പറയാൻ തുടങ്ങുക കയറി കയറി എന്താക്കും വെറും ദിക്കന് ഹത്തിയിലേക്ക് പോയിണ്ടല്ലോ ലായാഹനല്ല പിടിച്ച് ഇല്ലല്ല പിന്നെ അല്ലാതെ പിടിച്ച് പിന്നെ ഭൂവിട്ടിട്ട് അങ്ങനോട് പോയില്ലായിരുന്നു ലത്തേ ദിക്കിന്റെ മറാത്തിമറ്റം വന്നു ഇനി വറ്റ വത്തപി തന്നെ ലായും മുഴുവൻ കൊണ്ടപ്പോന്നാളും ഒരേ പോക്കൻ എല്ലാ പിന്നെ അപ്പൊ ദിക്കിനിന്റെ പഠിക്ക് അത് ആഴത്തിനപ്പിച്ചുണ്ടാക്കും ഇതൊരാക്കും മാറി നിൽക്കുന്ന മാനികൾ മാറും അതിന്റെ മുലാഹനിയും എല്ലാം കൂടെ മാറി ചിലപ്പോൾ നെസ്വറം ഫീ നക്ഷരാഹി ചിലപ്പോൾ ഉണ്ടാക്കും ലഫം ഫീ നശ്വരായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ലഫം ഫീ ലൈരിക്കും ഉണ്ടാവുക ഇനി ബക്കായിനാക്കാമിലേക്ക് നെശ്വറം ഫീ ലഫ ഉണ്ടാവുക പഴയ അവസ്ഥകളുണ്ടാവും അവൻ മിന്ദുനെ നമീനെടുത്തേക്കാം മിന്ദു എന്ന് വെച്ചാൽ ഒന്നിക്കിൽ അവനവൻ അവനവൻ അല്ലെങ്കിൽ ശീഹാകാൻ പോകുന്നതാണ് അല്ലേ അപ്പോൾ മുമ്പിൽ വരുന്ന മുരിയിലേക്കും നമീനും അടക്കാമെന്നാ പറയുന്നത് ഒന്നിക്കിൽ അവനവൻ അല്ലെങ്കിൽ മുമ്പിൽ വരുന്നത് ഏത് മസുറൂഹായ തതിർ മുൻശരിഹായ തതിർന്ന് ഡീക്കായ തതിറും ഇൻസുരാഹൻ തതിർ എന്നുള്ള വലൻ മിസ്ഹലൊക്കെ തുടരക്കാം അപ്പോൾ ഇവയും വരുന്ന മുരിയതിന് ഇൻസുറസ്തരാണോ അല്ലേ എന്ന് കണ്ടെത്താൻ കഴിയണം അതുപോലെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയും ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ആറാണ് അപകടകരമാണ് അഞ്ഞിട്ടാത്ത റൊത്തുപൊട്ടൽ ഷെയ്ഹുഖന് കൈകാര്യം ചെയ്യൽ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഇത്രയും പന്നുകൾ അയാൾക്ക് നല്ല ഒരു അടീത്തു വേണം ഇന്ന തൽക്കാലി ഷെയ്ഖാനുള്ള സ്ഥാനം അഞ്ഞത്താത്ത പദ്ധതി ലാസ്റ്റ് വന്ന കേരളം അഞ്ഞത്താത്ത വന്നിട്ടേക്ക് പോയി താത്തീന്ന് വസ്ത്രാക്കി മുറിച്ചു അപ്പൊ താത്തീനെ ഒത്തിപ്പെടുത്തി ഷെയോഫി വസ്ത്രം ഷെയ്ഫു കി ആറു ആറു ഐ ഐ വൺ ആരിക്കൻ അലാമൻ അലാമൻ കൊണ്ട് ലിമൻ ബൈറ്റിലുണ്ട് ഇപ്പൊ ആറ് സാധാരണ അലട്ടിട്ടാ പറയും വെയിറ്റ് എന്താണ് ആറും ലിമൻ നല്ല ട്രിപ്പ് അലപ്പിച്ചാണെങ്കിൽ ആറും അതുകൊണ്ടല്ല നമുക്ക് കഴിഞ്ഞു പോയി പാവണ്ടോ നമ്മ ആദ്യത്തെ സീരിസായല്ലോ ആദ്യം കുറിച്ചു പോയില്ലേ ഇപ്പം യറൂമ് എന്ന് വായിക്കണം കളി നല്ല പ്രാക്ടീസ് പല ഉരുമില്ല അവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇഷ്ടം പോവാൻ അതിനെ കൈകാര്യം ചെയ്യാൻ അവന്റെ തോഹിതാവണം അവന്റെ കൈമ കിട്ടിതല്ല അത് അതിയക്കോ അവൻ കൈകാര്യം ചെയ്യുന്ന ഏത് വിഷയവും റബ്ബിന്റെ വക്കൽ നിന്നുള്ള ഒരു ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലായി കിട്ടാനാണ് എല്ലാ ഉരുമുകളാണ് അല്ലെങ്കിൽ ജഹാലത്തോടുകൂടി കൈകാര്യം ചെയ്താൽ ഒരു വൈനത്തിന്റെ ഔരല്ല അയ്യത അതാണ് вели ഒന്നാമത്തെ വരി രണ്ടാംദം വയാഅലമിൽ മൗജൂദൽ മഅദൂമ മല്ലന്ന രതിമായിട്ട് പോണം വയാഅലമിൽ മൗജൂദൽ ഹഖീഖിയ ഹഖീഖിയയാൽ മൗജൂദിയാദാന വഹുവൽ ഹഖ്ഖുൽ വാജിബുൽ വുജൂദാൻ വൽ മഅദൂമൽ ഹഖീഖതൻ ഹഖീഖതൻ മഅദൂമൈ സാദനമേദ ബഹു മാസീവല്ലാഹി തആല അദ അ രണ്ടിൻ്റെ ഇഹവാല എന്താണ് അറിയണം അൽ മൗജൂദിൻ്റെ ആഹാല എന്താണ് അൽ മഅദൂമിൻ്റെ ആഹാല എന്താണ് ഈ അൽ മഅദൂം എങ്ങോട്ട് മൗജൂദായി വന്നു وقد يجعل ذلك ، لأنه يجعل ذلك ، يجعل ذلك ، ولم يكن في بعضه فقيهاً هذا ، ولم يكن في ذاية عمده فقيهاً ونفقيهاً إذن لا يحل الإمرئي أنيقى يقدم على عمر حتى يعلم حكم الله فيه يذر كارث للعالم ونفتران لياناً لهم عدل الله سبحانه وتعالى حكمة لانه حلاء وحرامه وعجبه ، فعاله الفرض في تاية أنه إلا അയിനിയാണോ നിനക്ക് പലതു അറിയണം ചിന്തിച്ചോ അതനുസരിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യാം പിന്നെ സായുള്ള ഹക്കാമെന്ന് പറഞ്ഞത് വകുവല്ലായതിരി സായുള്ള ഹക്കാ മറ്റുള്ള അക്കാമുകളും അനാനായെന്ന് വെച്ചിട്ട് ചെയ്യുക അപ്പൊ ബക്കിഹല്ലാന്നാൽ എന്താകും ചിലപ്പോ മുങ്കറും ഉണ്ടായിരിക്കും അവൻ കൽപ്പിക്കുന്നുണ്ടാവില്ല ിൽ മാറോപ്പായ കാര്യം തലകുത്തിരി പറയുന്നത് ഏത് ലഷ്യാക്കളെയും ഹദ്കള് റസ്മകൾ മുതലായവ അറിയാതെ വന്നാലും അപ്പൊ ഹദ് റസ്മ ചർച്ചു മന്ദിക്കില്ല അത് താരല്ലേ മധ്യപൂജത്തിന്റെ ഇപ്പൊ മന്ദിക്കില്ലാതെ ചർച്ച ബസപ്പുടാണെങ്കിൽ മഴത്തിപ്പാടി ബസ്ക്കാണെങ്കിലോ ഫ്രിഡ്ജ് എത്തുപോയി ആ ഇടണം കഴിഞ്ഞല്ല താരീഫ് ഉണ്ടാക്കാൻ തന്നെ പുല്ലിയാത്തുള്ള സംശയം ഉണ്ടാണ് ജീൻസ് ഫസല് പിന്നെ ഇതിന്റെ ജിൻസ് ഫസല് അറി അമ്മ അറിഞ്ഞു ഫാസായി അഞ്ചണ് ഉപയോഗപ്പെടുത്തി കൊണ്ടാണല്ലോ ആ തരിപ്പാത്തുണ്ടാക്കി തരിപ്പാത്തിൽ ആകെണ്ണം മുറക്ക പേതാണോ ഈ അഞ്ചണിപ്പെട്ട ഒരാട്ടി ജോയിൻ ആക്കിയിട്ട് താരീഫ് ഉണ്ടാക്കുന്നു താരിഫാത്ത ഉണ്ടാക്കുന്നുണ്ട് ഹദ് ഹദ് റസ്മു നാഖീസ് ഉണ്ടാകത്തു താരിഫാദ് മാരണ്ണത്തിന് അപ്പൊ ഹദ്ണ്ടാക്കാൻ ആരാ ഹസ്മ ഒന്നല്ലേ താരിഫാത്തല്ലേ പക്ഷെ ഹാസിലെ താരിഫ് തരച്ചായിരിക്കും ഉണ്ടാവും മറ്റുള്ളെങ്കിൽ ഇഷ്ടിയപ്പ ഒരു ചെടിയാന്ന് പറഞ്ഞാൽ താരിഫൊന്നുമില്ല അതുകൊണ്ട് തന്നെ റസ്മിയാവുന്നുള്ളു പിന്നെ സാധനം എന്താണ് കൊർന്നോട്ടീന്ന് പറഞ്ഞാൽ എന്താണ് അത് ചെടിയാകുന്നു ഒരു മരുന്നിട്ട് ചെടിയാകുന്നു എന്നാലും അത് ആമ്പലത്തിന്റെ കിടക്കുന്നു ഔഷധം ചെടിയിട്ട് കവിഞ്ഞ് ഓർമ്മ കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ റസ്മിയാവുന്നുള്ളു അപ്പൊ അത് റസ്മൽ സമുദായം ഉണ്ടാക്കാം അപ്പൊ മന്ത്രിക്ക് ഞാൻ എന്തായാലും പറഞ്ഞുകഴിഞ്ഞു എല്ലാം പറഞ്ഞു തരുന്നു അതെന്താ വരതി പോയിട്ടു വരതിപ്പോഴത്തേക്കാണ് ല്ലോ മാുണ്ടെങ്കിൽ പുല്ലിയത്തിന് ഹംസമുണ്ട് പുല്ലിയാത്തിന് ഹംസം ജിൻസ് ഇറകും അത് അള്ള ഹാസ ഇതിൽ പെട്ട രണ്ടെണ്ണം മുറക്കയാക്കി എന്തായി ഒന്നിക്കല അതാകും അത് തന്നെ താമിച്ചുവാകാം അല്ലെങ്കിൽ റസംബാഗം റസംബാഗ് ഒന്നിക്കുന്ന താമീം തോന്നും അതെങ്കിലേക്ക് എന്തോക്കില്ലേ പറഞ്ഞിട്ട് എന്തിനുണ്ടാകാം പറ എന്തെങ്കിലും അപ്പൊ ശ്രദ്ധ തെല്ലാശി ആ റുസമ്മൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഈ മന്തിക്ക് പൊടിച്ചിട്ട് ഈ റേഡിയോടെലിവിഷനൊക്കെ നമ്മൾ മിച്ചത്തൊന്ന് ചപ്പ് ചെമ്പറുണ്ടെങ്കിൽ നമ്മൾ ഓടി ഉണ്ടാക്കണേ കാലിന് പൊടിച്ചിട്ടുണ്ടാക്കണില്ലേ അമ്മ കൂടെ നമ്മക്ക് വേറെ പുറത്തുണ്ടാക്കാം ഇതെട്ടിയാ കാർന്നെങ്കിലും ബോധവാനാണ് അതിന്റെ ഘടനയൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ മാറി നമ്മക്ക് ഒരു കാലിനും കിട്ടിയ മന്തിക്ക് വേച്ചിട്ട് ഹദ്മോ വയറിപ്പോ ചെറുതൊക്കെ നമ്മൾക്ക് സാധിക്കണം ഇത് പണ്ട് ഇത് തന്നെ അയവാൻ ലാറ്റിക്ക് ഒന്ന് പണ്ടേ പക്ഷെ പാട്ടുകിന് ഒരും ഉണ്ടായില്ല നമ്മളെത്തെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് സാരിഫാത്ത് ഉണ്ടാക്കണ്ടെന്നോ സാരിഫാത്ത ഉണ്ണിക്ക് അതിന് ഉണ്ടാക്കുന്ന രസ്മുണ്ടാക്കി അതിൻ്റെ അസ്മം കാവിലാണെങ്കിൽ എന്നാൾ വലിയ മൂലത്തിന് തരീഫത്തിന് താരി വലം ജതിരില്ല പന്നല്ലുസൂരി എന്ന് വായിക്കണം അവിടെ ഉസൂലിന്റെ പെണ് അടച്ചു എതിലുള്ളത് പന്നാക്കി മഴിക്കണം പഴമൊണ്ട തിരുത്തി എന്താ പന്നൽസോകുന്ന പണ് ഏത് മുറാത് ഉദ്ദേശിക്കുന്നത് എന്തിനുസൂലുണ്ടല്ലോ ഐറോഡിയാക്കുന്നതിന് ഉസൂലുണ്ട് ഒരു ബാക്ഷി നടക്കണമെങ്കിൽ ടിബിൽ തന്നെ അലോപ്പതിക്ക് ഹോമിയോപ്പതിക്ക് വേറൊരു സൂരുണ്ട് ആരോഗ്യത്തിന് വേറൊരുസൂലുണ്ട് നാസറബദിക്കവാര ഉസൂലല്ലെത്തിൻ ഉസൂലുണ്ട് ഏത് ഉസൂല ഔദ്ദേശിക്കുന്നു ഉസൂലൻ ഫീ ഇഥാസ് കമാദീഫത്തുൽ വാദിബി വൽ മൻദൂബി വൽ മക്റൂഹി വൽ ഹറാമി വൽ ഹാസി വൽ ആമി മുത്ലഖ് മുഖayyദ് ഖിയാസ് ഇജ്മാഉ മദലാലല്ല ജംഉൽ അമീ യോദിക്കൊള്ളണം വഹൈദ ദരിക മിമ്മാ ഹുവ മുക്കററൻ ഫീ പanni ഇൽമുൽ ഉസൂൽ ഉസൂൽ തൗഹീദുണ്ട് അതുപ്രണിയില്ല അതൊരു ഉസൂൽ ഹദീസോണ് നീട്ടിയിട്ടില്ലായി അത് പറയാൻ പറ്റുമില്ല വലം ഞതി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇസാനിലുണ്ടാവും പിന്നെ വല വദ്ദിക്കുറ എന്ന് പറഞ്ഞത് വലം യദായൻ മഹാൻദിക്കുർ അതിൽ കുഹാൻ ഹീമാണ് അബ്ദിക്കർ ഉൽ ഹക്കീമെന്ന് ഉദ്ദേശിക്കുന്നത് അതെന്തിനിയ മക്കളമ്മുരി കുർഹാൻ ഓതുമ്പോ അതിന്റെ അർത്ഥം എല്ലാം ചിന്തിക്കേണ്ടി വക്കുപ്പ് മനസ്സിലാക്കി ശരിയാക്കിന് മൊട്ടം പോലെ ഓതനെങ്കിൽ വേണം ോ പിന്നെ വൽ ഹദീത്താണ് വലം ജി അലൻ ഹദീത്ത് അതുകൊണ്ട് എഡിത്തും അബദീൻ സുന്നത്തില്ലാ മാതിരി പിന്നെ വൽ ബുർഹാനാണ് അതിൻ്റെ പറയുന്നത് പറഞ്ഞിട്ടുണ്ട് തമന്ന യക്ത മിൻ ഹലീത വ ജാലസൽ ഉലമാ അയ്തദാബഹി ഫീ ഹാദൽ ശൈൻ നനാ ജനീദ് റസൂല്ലല്ലാഹ് നബിയ്യദ നമ്മള കിതാബ് നമ്മള ഈ തനിക ഇൽമു കിതാബുകൊണ്ട് സുന്നത്തോുകൊണ്ട് മുഅയ്ദഗുന്ന അതുകൊണ്ട് ഹദീസ് ഒരാളെ എഡിറ്റില്ല അയാ ഉലമായനോടോപ്പും കൂടി ഇല്ലെങ്കിൽ അയാ ലൈ വിഷയി തറക്കട്ട് വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ എന്നെ ശൈഘാ കേടി പിന്നെ ബുർഹാനല്ല പറയുന്നു അപ്പം ചോദിക്കും ഇവർക്ക് എന്തിനാ ബുർഹാനേ ബുർഹാനയ അരിച്ചോണ്ടിതാന്ന് ആ അഖീദയുടെ മാരിപ്പത്തിൽ ഉണ്ടാകുന്ന ഒന്ന് തകലീദ് മറ്റൊന്ന് ദലീൽ ബുറഹാനും മറ്റൊന്ന് ഇയാൾ സുഹൃദുള്ളത് സുഹൃദിലെത്താൻ പോകുന്ന ആള് പിന്നെ നിന്നെ ബുർഹാനാക്കുന്നു സുഹൃദ്യ്യാനും ആക്കുന്ന ആള് ബുറഹാൻ പോണോ അങ്ങനെ പറഞ്ഞ രണ്ട് ചിക്കോ ഒരുമിച്ച് കൂട്ടിക്കോട്ടെ രണ്ടുണ്ടായിക്കോട്ടെ ഏതുകൊണ്ട് വെള്ളം കൊണ്ടു മഴക്കാൻ പോകുന്ന ആള് കല്ലോ രണ്ടു കൊണ്ട് ഒരുമിച്ചൂട്ടി ആവശ്യമുണ്ടല്ലോ അങ്ങനെ ാണ് പറയെർമൽ കിട്ടിയിട്ട് അയ്യാനിയായി മാറിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേത് ഉണ്ടായി ഇതിനൊക്കെ ആവശ്യം വരിച്ചില്ല അക്കുൽ ഞക്കീൻ എന്തിലുണ്ടാവില്ല ചുമോദ് ഞാനുണ്ടായാലേ ഇതിലോ അക്കീന ഉണ്ടായി ഇതിലുണ്ട് തക്ക രീതിയിലാണല്ലോ അത് മതിയാവില്ല എന്നും മതിയാവുന്നും കുറെ ചിലർക്കുണ്ടല്ലോ ഞക്കുന്ന േ പോലക്കല്ല അത് തോക്കിയേറ്റ് കിട്ടണം ഇൽമുൽഹാരിൽ എന്ന് പറഞ്ഞാൽ അവര് ശേഷന്റെ കൂടെ കൂടിയിട്ട് അയാൾക്ക് കിട്ടേണ്ട ഇൽമുൽഹാലുണ്ടല്ലോ അത് ആത് ഹാലാകും പിന്നീട് മക്കാകും പിന്നെ തമക്കുനാകും തമക്കീനാകും നാലറസ് മകനം സബുറെന്നുള്ള എന്താകും ചിലപ്പോ ഹാരി മാത്ര വന്നു കുറച്ചേക്കും മാറി ജസയിലേക്ക് മടങ്ങിക്കളിയും അത് കുറച്ചും കൂടെ ഉറച്ചിരുന്നാൽ എന്താ ഈ സബറൊരു മക്കാമായി ഈ സബറെ കുറച്ചും കൂടെ ഹൃദയത്തിന്റെ സ്വാധീനിച്ചു ഇവന്റെ വാക്കും പ്രവർത്തനങ്ങളൊക്കെ ആ സബ്രമരെന്താക്കപ്പെട്ട ത വക്കുവിനായി ദുഃഖിക്കുന്നൊരു മനുഷ്യനുണ്ടാക്കും ജസാട്ടുന്നതിന് മനുഷ്യനെ പൊളിച്ചിട്ട് ഇവന്റെ ബന്ധപ്പെടലോട് കൂടി ഓനിക്ക് സബ്രുണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്തായി തംചീനുമായി എന്റെ മറ്റാർക്ക് ബുദ്ധിമുട്ടല്ലോ അപ്പോ ഇവയ്ക്ക് ഹാലോ മൊക്കാമോ ചീരയാ സബലില്ലാത്ത വേറാക്ക് സബറാക്കി കൊടുക്കാനും കഴിയില്ല സമറിന്റെ മൊക്കാമി കയറ്റാൻ കഴിയൂല അതാണല്ലോ ഹാലും മക്കാമും തമ്മിൽ വിശ്വാസം പണ്ട് പറഞ്ഞ് ഹാലും എന്ന് പറഞ്ഞാൽ നീങ്ങി പോണത് അവസ്ഥക്ക് വന്ന ഹാലായി കുറച്ച് വൃത്തിയിരുന്നാലോ മൊക്കാമ്മോ ആയി അപ്പൊ അതാകണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത് ഒരു കൂടിയേറ്റ് ആ ഹാലും കിട്ടണം ഇവന്റെ നെസ്റ്റിന്റെ ഇപ്പോഴുള്ള നിലവിലുള്ള മധുമായ ഹാല് മാറിയിട്ട് വേറൊരു ഹാലും ചുറ്റി അത് പിന്നെ വളർന്ന് വളർന്ന് വളർന്ന് പിന്നെ ഒരു പിന്നെ കുറച്ചും തമക്കൂനായി പിന്നെ തമക്കീനായി മാറും തമക്കീന അമ്മാരാഗ വേറാലും കൂടെ അടുപ്പിക്കാനുള്ള ടേഫായിട്ട് മാറും ഇപ്പൊ പാഞ്ചസ്ത വിസാപ്പിറക്കിപ്പോയി പാഞ്ചസ്ത വിസാന്ന് പറഞ്ഞ ഒരു ഹാലാം വിചാരിച്ചോ നാടൻ എങ്ങോട്ടുണ്ടെന്ന് എത്ര വിവരം അണികാരല്ലേ മാസം വിസ പോയിക്കോ എന്തായാലും മഹാമോ ൂലും നല്ലോണം കാണാൻ കഴിയും അല്ലേ പക്ഷെ ഈ രണ്ടവസ്ഥക്കാർക്കും ബോർഡറങ്ങോട്ടേക്ക് കടത്തിവിടാൻ കഴിയൂല എനിക്ക് വിസ ഉണ്ടാകാൻ പോകാൻ കടത്തിവിടാൻ കഴിയില്ല ആടെ പോയിട്ട് ഒരു പൂഴിയ വാങ്ങാ രണ്ടു കൊല്ലത്തെ വിസക്കാർ വന്നിട്ട് തുടങ്ങി ലൈസൻസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ തമക്കുനെ നാട്ടിനൊരു ചീറ്റു കുറ്റി അപ്പൊ പൂടിന്റെ കയറോപ്പ് പോരാക്ക് വിസ കൊടുക്ക തംചീനാന്ന വറിജിനൽ ബത്തനിയ അറബിയൻ ആണോ ഓ അപ്പുറം എയർപോർട്ടിന് അപ്പുറം നിന്നിട്ട് വേറെ അവാനിങ്ങൾ കേട്ടേന്ന് പറഞ്ഞ ശേഷതായി അപ്പുറം കേട്ടെ ആ പോഴി നിന്നിട്ട് കൂട്ടിയാ എംബ കേസിൽ ഒരു ചോദ്യം ഇല്ല അപ്പൊ അറുബാബ് സമഖ്യനായ മശേഷന്മാർ അക്കെ നിന്നിട്ട് പാടാൻ നീങ്ങി പോയി എന്ന് പറഞ്ഞാൽ വരത്തന്നെ പിന്നെ അപ്പൾ കുടമ്പുക്കെ പുതിയ ഇസ്ലാമിന് അബുദാലമാരാക്കി കൽപ്പിച്ചു വിട്ടവർന്നാണ് സംഖ്യ കൊണ്ടാണ് അപ്പം വേറെ ആളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ചുരിങ്ങനെ നിന്നിട്ടാണോ സമസ്നെങ്കിലും ഉണ്ടാകും സമുക്കിനായ വേറെ അർജുനെ കുറിച്ചിട്ട് ഒരു വിശ കൊടുക്കുന്നത് ശരിയാവും ശേഷം മായത്തോട് കൂടി അങ്ങനെ കറച്ചുവിടുക ആലം വെക്കാമും തീരെ ഇല്ലാത്താക്കും കഴിയൂല ആലം വെക്കാമും മാത്രം ഉണ്ടാക്കും കഴിയൂല മാതാവും വലിയ അർത്ഥം വരുന്നത് ആലാവലിയും അല്ല അല്ല റുബാബു തംകീ എന്ന് പറയുന്നുണ്ട് ആ ഇത്തക്കാനാക്കലെങ്ങനെ തരീക്കൽക്ക് ചെയ്തിട്ട് ജയഖന്റെ വാക്കെന്ന് കിട്ടി ആസ്വദിച്ച് അനുഭവിച്ചറിയില്ലാതെ വാർത്ത നിർത്തിയില്ല ചുമ്മാനഫീൽ മക്കാത്തിൽ പിന്നെ മക്കാമാതിൽ നിൽക്കണം മുസമ്മ ബിൻ സൈർ അതിനാണല്ലോ സൈറ് എന്ന് പറയുന്നത് فسا какات الأكب تعانيها كي يمكن أن Tim أنuckle الإنزل فيها الفقير وفقير يامن عارس lawn من عد Тут الإえام اثرى ق inherة أطeb Gear صارك 3 هو المازل ل dating بين مكون أخرى ودين تمكين أخرى تمكين ودى التمكين كل ميلACH ��zet يقول قلع ذلك لدي تhay البسم عليه قد تء لا يمكن الإجام عن لم Learn ഇല്ല മാറ്റോൻ പൊടിച്ച് മുക്കും കുറച്ച് നിന്നാൻ പഠിച്ചത് കുറച്ച് നീന്താൻ പഠിച്ചെങ്കിലും മാറ്റോൻ ഇവരെ പൊടിച്ചീക്കിച്ച് മുക്കിക്കളഞ്ഞു അല്ലെ രണ്ടാളും പാലക്കിന് സിക്കമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഹസുകളിൽ അയമാലി നെത്താഴ്ച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചക്കരപോലെ കിട്ടിയ മാതില്ല ഹസ്സുകളിലായ മാതിരി എന്നുള്ളത് അല്ലാതെ പിന്നെ ബാഹി തന്നെയാണ് നല്ല അയമാലുകൾ വരുന്നു നല്ല മെച്ചത്തിലുള്ള അഹമാല അമാലയെ അല്ലാതെ ഇവിടെ ഒപ്പിച്ച് എന്റെ ചട്ടമൊട്ടം പോലെ വരുന്നുണ്ട് ബാഹിറമാലിനെ പറ്റിയാണ് അതെന്താ സാധനം അത് നെത്തായിട്ട് ഹ്രസ്വനുള്ള അഹബാലിവന്റെ കൽബിനുള്ള അഹവാലിന്റെ ഹ്രസ്വലിന്റെ ഫലം കൊണ്ടാണത് അപ്പൊ ഇതിന് മുമ്പെന് അസരി ഹ്രസ്വനുള്ള അഹബാല കൽബിന്റെ ഉള്ളിലുണ്ടാവും അതുകൊണ്ടാണ് ഈ പുറമെ നല്ലത് പ്രവടമായി വന്നത് നല്ല ദർദ്ദീപില് വന്നത് ഈ അപ്പൊ ഈ ഹ്രസ്വനുള്ള അഹ്വാലിനുള്ളിലുണ്ടല്ലോ അതെന്തുകൊണ്ട് വന്നു أذبح وحسن اللاعب على من افتحق في مقامات لل اللي... പ്പർ എത്തിയാലെ പൊടിക്കുന്നേ ഇങ്ങോട്ട് കേറണ്ടിപ്പോന്നെ പാസ്പോർട്ടും വിസയിലും ക്ലിയർ ഉണ്ടാ ഇത് എന്തെങ്കിലും വിനലിണ്ടോ നോക്കൂ കയറ്റത്തെ പിടിച്ചാളെ ഉണ്ടാ ഉം അല്ല ക്ലിയർ ആക്കണേ ഇഷ്ട നോക്കണക്ക് ഇതിനെ പണിക്കല്ലോ അങ്ങനെ ഓരോ മക്കി മക്ക മാത്രീന്ന് സാർ ഇങ്ങനെ ഓരോ സ്ഥാനത്തേക്ക് ഇറക്കി ഇറക്കി അത് നല്ല മട്ടത്തിലായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഹസ്സനുള്ള അഹ്വാൽ കിട്ടി ആ ഹസ്വനുള്ള അഹബാല് കിട്ടിയോണ്ടെന്നുണ്ടായി ഹിസ്വനുള്ള അയമാൽ പുറത്തു പോകും അപ്പൊ മോണെണ്ണിങ്ങനെ ബന്ധപ്പെടുന്നു ഹെസ്റ്റലുള്ള അഹമാലാകും ഇതെന്തിനെ തുടർന്നുണ്ടായി ഹസ്റ്റിനുള്ള അഹ്വാൽ കൊടുണ്ടായി ഈ ഹെസ്റ്റുള്ള അഹ്വാലം എന്തുകൊണ്ടുണ്ടായി മക്കളോ മാത്രമല്ല ഇരുസാനും ഓരോ തരത്തിലുണ്ടായി വന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഫലാബദായ യകൂന അപ്പോൾ ഈ അഹകമ ഇൽമൽ ഹാദ ആഗണമെങ്കിൽ അവൻ ആതായിരിക്കണം യകൂന സലക മഖാമ സുഹദി मसलन സുഹദ കൊണ്ട് ഉറങ്ങമേ ഉള്ളൂ ശരിക്കും തൗബ ഉണ്ടോ ഉറങ്ങണ്ട സുഹദിൻ മഖാമൽ വ സലൂഖ് സൈദു ഹാലൻ ആദിം ഹാലായൈത് തുംമ മഖാമൻ പിന്നെ മഖാമമായിട്ട് മാറും വകവാലിക്കൽ വറൂബ സിലാ തസ്ലീം മുറാഖബ മുശാഹദ ഖൈർ ദാലിക മണ്ടിക്കോ വിസ്തണ്ടതു സബർ അതൗബുണ്ട് സബറുണ്ട് ഷുക്കറുണ്ട് പിന്നെ ഇഹ്ലാസ് ഉണ്ട് സിദിഖുണ്ട് സുഹുദ്ണ്ട് വറ ഉണ്ട് തക്കുവയുണ്ട് മഹബത്ത് ഉണ്ട് ലണ്ട് ഉൻസ് ഉണ്ട് പിന്നെ സബറുണ്ട് സബർ അത ഇല്ല മഹബത്തുണ്ട് അങ്ങനെ പോകുന്നു ഇങ്ങനെ പറയ ആ തുടക്കം കുറിക്കുന്നു തോന്നാ മതി ദാസ് അവസാനിക്കുന്നതെന്ന് തളപ്പുറി മഹബത്ത് മഹബത്തുണ്ട് അവസാനിപ്പിച്ചു അപ്പോ ഇന്നുള്ള അയ്യപുത്ത ഭാവിനാണ് തോബോണ്ട് തുടങ്ങിയിട്ട് മഹബത്ത കൂട്ടി അടക്കി അബ്ബും ഇതിന്റെ അബ്ബുവാസനം കൂട്ടിടങ്ങിയിട്ടാണ് വിട്ടുവീഴ്ച ഭാവിയെക്കുറിച്ച് ആശമക്കല്ല എന്താ പറയുക ഷോക്ക് എന്ന് പറഞ്ഞു കിട്ടിക്കാൻ ഉത്സവം ആണ് ഉദാഹരണത്തിന് ഇന്നാലെന്തൊരു കിതാബുണ്ട് ഞാൻ മറിഞ്ഞു കഴിഞ്ഞാൽ ആ കിതാബിനി മഹബത്ത് ഒന്നും കിട്ടിയിട്ടില്ല ഷൌക്ക് വെച്ചുക്കുന്നുണ്ടാവും കിട്ടണേ കിട്ടണേ കിട്ടണേ നാലോടെല്ലോ അറിഞ്ഞു കിട്ടിക്കഴിഞ്ഞ പിന്നെ ഷോക്ക് എന്നെല്ലാം മാറിയിട്ട് ഉൻസായി പിന്നെ ബാക്കിയെല്ലാം മറന്നിട്ട് ഇനി നമ്മൾ തന്നെ കിട്ടി തിരിയ്പാട് പോല അതോ ഉൻസിലുണ്ടാവില്ല ഈ ഉൻസ് മികച്ചു പോരാക്കുന്നുണ്ടാവുന്ന ചിലപ്പോൾ ചില അതൊക്കെ ഇവിടെ തോതിപ്പോകുന്നതാണ് അതോ അത് അതോ തന്നെ മാപ്പായിക്കളയിലാണ് മുൻസിന്റെ മക്കാമിനിഹാ സത്തഹാത്തല്ലേ സത്തഹാത്ത് ഭീമടക്കൽ പോകുമ്പോ പ്രവർത്തി മനസ്സിലായി അത് ആ രീതിയിൽ സംസാരിക്കുന്നല്ലോ തന്നെ പക്ഷെ അതല്ലേ മുൻസിന്റെ മക്കാമിനി ഹാറോനെപ്പറ്റി മൂസാ അലി ഇസ്ലാമിനെ വിളിച്ചു പറഞ്ഞില്ലേ ഇതപ്പോലേക്ക് പോണോന്ന് എന്നെ കാണാൻ നല്ല ഹാറോനാന്ന് എന്നെ കാണാൻ നല്ല വാചകാല ഹാറോനാണോ അയാളെപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ രാജകല്പനെക്കന്ന് പറയാൻ പറ്റോ തോട്ടാൻ ശരിക്കും അന്നല്ല അപ്പൊ ഈ മൂത്തിട്ട് ഇതിരാന്നോട്ട് മക്കാൻ പറ്റും ഇതരാ മക്കാൻ പറ്റുമ്പോ കൊണ്ടാത്ത തരാതെ ചെയ്തിട്ടുണ്ട് കൊണ്ടാ നീരല്ലെങ്കിൽ അന്നെന്തെങ്കിലും പറഞ്ഞു തരും ശരിക്കും പറഞ്ഞാൽ ഈ പറയാൻ പറ്റില്ല അത് വേറെ ആൾ കണ്ടിട്ട് പറയാൻ പാടില്ല അന്ന് എനിക്ക് പ്രത്യേകം ബാധപ്പെട്ടിട്ടില്ല അത് മനുഷ്യന്റെ മക്കാൻ അത് നിൽക്കുന്ന ആണെന്ന് ചില പ്രകടമാകും എന്താ മയ തരാതെ എന്റെ മയല്ലേ ഞങ്ങളുടെ പക്ഷികടയ്ക്കേ വേണ്ടി എനിക്ക് ചോദിച്ചു നമുക്കൊന്നും പറ്റില്ല നമുക്ക് കൈകാട്ട് കന്നങ്ങി വാങ്ങാന്നല്ല ഏർപ്പാടി നമുക്ക് വെച്ചുകൊണ്ടുപോന്നു അപ്പൊ നമ്മൾ ഈ പറഞ്ഞാൽ അത് പൊറുക്കപ്പെടൂല്ല മറ്റവർക്ക് അത് പൊറുക്കപ്പെടും ഒരാൾക്ക് കവിഞ്ഞിട്ടുണ്ട് അപ്പൊ മഹബത്തിൽ വലിയ മക്കാമ്പോണ്ട് ചെറിയ കുറെ അപ്പുബത്ത് ഉണ്ടാവും അമ്മ മരമ്പത്ത് വെക്കുന്നൊക്കെ എന്താന്ന് എന്താ രുചിയില്ലാത്ത ഭക്ഷണം കിട്ടിയാൽ നമുക്ക് കിട്ടുന്നില്ല ചിലപ്പോ ചോട്ടി മുടിയിലും കൊടുക്കും ഇപ്പൊ അമ്മ ചോറും വലിച്ചെറിയില്ലല്ലോ ആ മുടിമല്ലേ ചോറ് വയ്ക്കുന്നില്ലേ മയബത്ത് എറിയാന് ഹോട്ടലിൽ പോയേക്കാട്ടെ ചോറും ചോറ് മണി നേരത്തെ പൈസ കൊടുക്കാണ്ട വിഭാഗം പിടിച്ചു പൗരി ചോറ് വെക്കുകയും ചെയ്ത് പൗരി മുടിയും കണ്ടാൽ അങ്ങനെ കളമ്പ എന്നാലും ഒന്നും പറയാനെങ്ങനെ പൈസ പൈസ കണ്ട അതെ നമ്മുടെ പെണ്ണുങ്ങളെ മുടി കണ്ടാൽ ഇതായിട്ട് തന്നെ വെച്ചോന്നി നമ്മൾ അടല് അവിടെ മലപ്പുറത്തോട് ചെറിയ ഒട്ടി വെച്ച് തന്നിട്ടുണ്ട് മുമ്പ് എല്ലാം നോക്കാൻ പണിയിട്ടില്ല വറ ഏരില്ല കസ്റ്റഡി മൂറാത്തോളം വെച്ചാൽ കണ്ടിട്ടു മഹാസ ഒരുപാടുണ്ട് നൂറോളം മുക്കാമത്തുണ്ട് ഇതല്ലൗക്കാന്ന് ഉദ്ദേശിക്കുന്നു